നാം അവർക്ക് മുകളിൽ പർവ്വതം ഒരു മേലാപ്പുപോലെ ഉയർത്തിയ സന്ദർഭം ഓർക്കുക അത് തങ്ങളുടെ മേൽ പതിക്കുമെന്നവർ ഭയപ്പെട്ടു നാം നിങ്ങൾക്ക് നൽകിയത് ദൃഢമായി സ്വീകരിക്കുക അതിലുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുക നിങ്ങൾ ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടിയാണിത്